േജോ തേജസ പ്രതിസ്രോധ പ്രവർത്തിയുക്തോഷവശം ദർശതമുഖ്യാപയബിംബവിഭ്രമോതിലക്ഷിതോ ഏതോഹാധ്ര ഗന്ധർവനഗരവംശൂരവിഭ്രമേഷവി യഥൂൺലക്ഷണം യോജനീയം പ്രതിബിംബ വിഭ്രമത്തെക്കുറിച്ച് പറയാം ഇവിടെ പറയുന്നു പ്രതിബിംബം ഒരു വിഭ്രമാണെന്ന് എങ്ങനെ കണ്ണാടിയിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ മുഖം അവിടെ കാണുന്നു കണ്ണാടി ജലത്തിൽ നോക്കുമ്പോൾ മുഖം കാണുന്നു ഇതൊക്കെ വിഭ്രമാണെന്ന് അതെങ്ങനെ സംഭവിക്കുന്നു എന്നിവിടെ വ്യാഖ്യാനിക്കുന്നു ഏവം വിജ്ഞാതൃ പുരുഷ അഭിമുഖേഷു വിജ്ഞാതൃ പുരുഷം എന്ന് കണ്ണാടിയിൽ മുഖം കാണുന്നു അല്ലെങ്കിൽ വെള്ളത്തിൽ മുഖം കാണുന്നവണ് അതാണ് വിജ്ഞാതൃപുരുഷ അവന് അഭിമുഖമായിരിക്കുന്ന അവന് നേരെ എതിരെ കാണുന്ന കണ്ണാടി അല്ലെങ്കിൽ ജലമാണ് അവന് അഭിമുഖമായിരിക്കുന്നത് അതാണ് വിജ്ഞാതൃപുരുഷാഭിമുഖേഷു ആദർശ ഉതകാദീഷു ആദർശ കണ്ണാടി ഉതകഞ്ജലം അപ്പോൾ അവന് നേരെ എതിരെ ഇരിക്കുന്ന കണ്ണാടിയിലോ ജലത്തിലോ അയാൾ നോക്കുമ്പോൾ സ്വച്ഛേഷോ സ്വച്ഛമാണ് അഴുക്ക് പറ്റിയിരുന്നാൽ വെള്ളത്തിൽ ചെളി കലങ്ങിക്കഴിഞ്ഞാൽ പ്രതിബിംബം കാണത്തില്ല വെള്ളമായാലും കണ്ണാടിയായാലും സ്വച്ഛമായിരിക്കുന്നു സ്വച്ഛേഷോ ചാക്ഷുഷം തേജോ ലഗിനമ തീ അപ്പോൾ ഒരാൾ തൻ്റെ മുമ്പില് വെളിച്ചമുള്ള സ്ഥലത്ത് വെച്ച് കണ്ണാടിയിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ അദ്വൈതികൾ പറയുന്ന പോലെ ചക്ഷുരിന്ദ്രിയം പ്രാപ്യകാരിയാണ് എന്നാൽ ചക്ഷുരിന്ദ്രിയം കണ്ണിലൂടെ പുറത്തു വരുന്നു പുറത്തു വന്നിട്ട് എന്ത് ചെയ്യുന്നു ആ മുമ്പിലിരിക്കുന്ന കണ്ണാടിയുമായിട്ട് അതിന് സംയോഗം വരുന്നു അതാണ് പറയുന്നത് സ്വച്ഛമായ കണ്ണാടിയിൽ ചാക്ഷുഷൻ ലേഖോ തേജസ് ചാക്ഷുഷൻ തേജസ്സെന്ന് പറയുന്നത് ചക്ഷുരിന്ദ്രിയം അത് ലഗ്നമഭിയനോട് സംയോഗത്തിൽ വരുന്നു അതിൽ സംയോഗത്തിൽ വന്നാലും കണ്ണാടി നോക്കുമ്പോൾ ചക്ഷിരിന്ദ്രിയം കണ്ണിൽ നിന്ന് ഊളകം ഈ കാണുന്ന കണ്ണിൽ നിന്ന് പുറത്തിറങ്ങി ആ കണ്ണാടിയുമായിട്ട് ആ ഇന്ദ്രിയത്തിന് സംയോഗം വരുന്നു അങ്ങനെ സംയോഗം വന്നാലും ബലിയസ തേജസ് പ്രതിസ്രോത അവിടെ എന്തു ചെയ്യുന്നു ആ കണ്ണാടിയിൽ സൂര്യ തേജസ് സൂര്യപ്രകാശം പതിക്കുന്നോണ്ട് തന്നെ റിഫ്ലക്റ്റ് ചെയ്യിക്കും ആണ് പറയുന്നത് എന്തിനെ ഇവിടെ നിന്ന് ഇറങ്ങി കണ്ണാടിയിൽ പോയി സംയോഗത്തിലായ ആ ചക്ഷുരേന്ദ്രിയത്തെ റിഫ്ലക്റ്റ് ചെയ്യിക്കും തിരിച്ചുവിടുന്നു മുഖത്തിലേക്ക് സൂര്യ തേജസ് എന്ത് ചെയ്യുന്നവന് ഇങ്ങോട്ട് ഓടിക്കുന്നു ആദ്യം എന്തു ചെയ്യുന്നു ചക്ഷേന്ദ്രിയം കണ്ണിൽ നിന്നിറങ്ങി കണ്ണാടിയുമായിട്ട് സംയോഗത്തിൽ വരുന്നു സംയോഗത്തിൽ വന്നു കഴിഞ്ഞാൽ സൂര്യപ്രകാശം അവിടെ വന്നിട്ട് എന്ത് ചെയ്യുന്നു ആ ചക്ഷേന്ദ്രിയത്തിന് തിരിച്ച് മുഖത്തിലേക്ക് വിടും അതാണ് ലഗിനമബി ആ സ്വച്ഛേഷ സ്വച്ഛമായ ആ കണ്ണാടിയിൽ പതിച്ച പതിച്ചാലും ബലിയസ സൂര്യനെ തേജസ് ശക്തികൂടിയ സൂര്യ തേജസ് എന്ന് വെച്ചാൽ സൂര്യകിരണങ്ങളൊക്കെ ഉണ്ട് പ്രതിസ്രോത തിരിച്ചു കൊടുക്കും റിഫ്ലക്ട് ചെയ്യിപ്പിക്കുന്നു എന്തിനാണ് റിഫ്ലക്ട് ചെയ്യിപ്പിക്കുന്നത് ചക്ഷുരിന്ദ്രിയത്തെ എവിടേക്ക് വിടുന്നു തിരിച്ച് മുഖത്തിലേക്ക് തിരിച്ചടിപ്പിക്കുന്നു അങ്ങോട്ട് പോയത് തിരിച്ച് മുഖത്തിലേക്ക് വരുന്നു പ്രതിസ്രോത മുഖസംയുക്തം പ്രവർത്തിതം അതെന്ത് ആദ്യം കണ്ണിൽ നിന്ന് ചക്ഷീതിയിൽ ഇറങ്ങി കണ്ണാടിയിൽ പോയി അവിടെ ചെന്നപ്പം സൂര്യപ്രകാശം എന്ത് തിരിച്ചു വിട്ടു അപ്പോൾ അതെന്ത് തിരിച്ചു വന്ന് മുഖത്ത് പതിക്കുന്നു മുഖ സംയുക്തമായി അത് പ്രവർത്തിക്കുന്നു എന്നർത്ഥം അവിടെ പോയിട്ട് തിരിച്ചു വന്ന് മുഖത്താഗ്രഹിക്കുന്നു എന്നർത്ഥം മുഖസംയുക്തം പ്രവർത്തിതം മുഖ സംയുക്തം കണ്ണാടിയിൽ നിന്ന് തിരിച്ചു വന്ന് ചക്ഷുന്ദ്രൻ എന്തിനാഗ്രഹിക്കുന്നത് പ്രവർത്തികം മുഖം ഗ്രാഹയം അപ്പൊ അത് അപ്പൊ കണ്ണിൽ ഇരിക്കുന്ന ചക്ഷു ഇന്ദ്രിയം ഒരിക്കലും മുഖത്ത ഗ്രഹിക്കുന്നില്ല പക്ഷെ മുമ്പില് ശുദ്ധമായ ജലമോ കണ്ണാടിയോ ഉണ്ടെങ്കിൽ എന്തു ചെയ്യുന്നു അതേ ചഷി ഇന്ദ്രിയം തന്നെ മുഖത്ത ഗ്രഹിക്കുന്നു എങ്ങനെ അവിടെ പോയിട്ട് സൂര്യപ്രകാശത്തില് തിരിച്ചുവിടുന്നുണ്ട് തിരിച്ചുവിട്ടാൽ ഇന്ദ്രിയം വന്ന് എവിടെ പതിക്കും മുഖം ഇരിക്കുന്ന കഴുത്തിലാണ് കഴുത്തിലാണ് മുഖം ഇരിക്കുന്നത് പക്ഷേ കണ്ണാടി നോക്കുന്ന കണ്ണാടി കഴുത്തിലിരിക്കുന്ന മുഖത്തെ കണ്ണാടി കാണുന്നത് അവിടെന്താ സംഭവിച്ചത് ഇതാരണുന്നു ചുരി തന്നെ അവിടെ പോയിട്ട് തിരിച്ചു വന്ന് തിരിച്ചു വന്നിട്ട് ആ ചക്ഷേന്ദ്രയും കാണുന്നു പ്രവർത്തിതം മുഖ സംയുക്തം പ്രവർത്തിതം മുഖം ഗ്രാഹയത് ദോഷവശാ തദ്ദേശതാം അനഭിമുഖതാം ച മുഖ്യ അഗ്രാഹ്യത് പക്ഷെ ഇവിടെ എന്ത് സംഭവിച്ചോ ഈ സൂര്യപ്രകാശം ഇതിനെ തിരിച്ചുവിടുന്നു എന്ന് പറയുന്ന ഒരു ദോഷമുണ്ടല്ലേ കണ്ണാടിയിൽ പതിച്ച സൂര്യപ്രകാശം എന്ത് ചെയ്യുന്നു ഇതിനെ തിരിച്ചുവിടുന്നു അത് ഒരു ദോഷമാണ് ആ ദോഷവശ ആ ദോഷം കൊണ്ട് തദ്ദേശ തദ്ദേശദാം മുഖം കഴുത്തിലാണ് എന്നുള്ള കാര്യം തദ്ദേശതാന്ന് വെച്ചാൽ മുഖത്തിന്റെ ദേശം മുഖത്തിന്റെ ദേശം എന്ന് വെച്ചാൽ മുഖത്തിന്റെ സ്ഥാനം മുഖത്തിന്റെ സ്ഥാനം വെച്ചാൽ എന്താണ് കഴുത്തും അനഭിമുഖതാ മുഖം ഒരിക്കലും എതിരെയല്ല ആണോ മുഖം ഒരിക്കലും നമുക്കെതിരെയല്ല പക്ഷെ നമ്മൾ കണ്ണാടിയിൽ കാണുന്ന എങ്ങനെ മുഖത്തെ എതിരെ അഭിമുഖമായി കാണുന്നു മുഖം വാസ്തവത്തിൽ എന്താണ് അനഭിമുഖമാണ് പക്ഷെ കണ്ണാടി കാണുമ്പോൾ നമ്മൾ എങ്ങനെ കാണുന്നു അഭിമുഖമായി കാണുന്നു മുഖ്യ അഗ്രാഹയ അപ്പോ മുഖം എന്താണ് കഴുത്തിലാണെന്നുള്ള കാര്യവും അത് അഭിമുഖം അല്ല എന്നുള്ള കാര്യവും ഗ്രഹിക്കുന്നില്ല മനസ്സിലായോ എന്തൊക്കെയാണ് ഗ്രഹിക്കാത്തത് മുഖം എന്ന് പറയുന്നത് ശരിക്കും കഴുത്തിലിരിക്കുന്നു എന്നുള്ള കാര്യം ഗ്രഹിക്കുന്നില്ല അത് അഭിമുഖമല്ല എന്നുള്ള കാര്യം എതിരെ അല്ല എന്നുള്ള കാര്യവും ഗ്രഹിക്കുന്നില്ല എന്താ അതിന് കാരണം ദോഷം എന്താണ് ദോഷം ചക്ഷേന്ദ്രി അവിടെ ചെന്നപ്പോൾ സൂര്യപ്രകാശം തിരിച്ചുവിട്ടു ഇതാണ് ദോഷം ഈ ദോഷം കൊണ്ട് രണ്ടു കാര്യങ്ങൾ ഈ കാണുന്നവൻ മനസ്സിലാക്കുന്നില്ല എന്തൊക്കെയാണ് മുഖം കഴുത്തിലാണെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നില്ല അതിന് വരാവേ എന്ത് പറയുന്നു മുഖം കണ്ണാടിയിലാണ് പിന്നെ മുഖം എതിരെ അല്ല എന്നും മനസ്സിലാക്കുന്നില്ല ഉണ്ടാവേ എന്ത് പറയുന്നു എതിരെ എന്റെ മുഖം അതാണ് ദോഷ തദ്ദേശദാം അനഭിമുഖാം അഗ്രാഹയ പൂർവദിഷ്ട അഭിമുഖ ആദർശാം ആഭിമുഖ്യം ച മുഖ്യ ആരോ പക്ഷെ പിന്നെ എന്തുകൊണ്ട് കാണുന്നു എന്റെ മുഖംന്താ കണ്ണാടിയിലാണോ അതെന്റെ കഴുത്തിലല്ല പിന്നെ കണ്ണാടിയിലാണോ പിന്നെന്താണ് പറയുന്നത് അതെന്റെ എതിരയാണ് ഇതൊക്കെ എന്തുകൊണ്ട് ഇങ്ങനെ അനുഭവം ഉണ്ടാകുന്നു അതാണ് സ്മൃതിരൂപഹ ഇയാള് മുമ്പ് കണ്ടിട്ടുണ്ട് ഇതൊക്കെ കണ്ണാടി യോഗിയപ്പോൾ എന്തു ചെയ്തു എതിരെ മുഖത്തിനെ എതിരെ കണ്ടു മുഖത്തെ കണ്ണാടി കണ്ടു ഇതൊക്കെ മുൻപ് കണ്ടിട്ടുള്ളത് കൊണ്ട് മുമ്പ് കണ്ടെന്ന് വെച്ചാൽ അനു മുൻപ് അനു മുൻപ് അനു ഈ ജന്മം കഴിഞ്ഞാൽ പൂർവ്വം ജന്മത്തിൽ കണ്ടു അങ്ങനെ പോകും കണ്ണാടിയില്ലെങ്കിൽ വെള്ളത്തിൽ കാണാമോ ഇതനാദിയാണ് ഈ കാര്യങ്ങളെല്ലാം അപ്പോ എന്താണ് മുഖ്യ പൂർവദിഷ്ട അഭിമുഖ ആദർശ ഉദകദേശദാം മുമ്പ് കണ്ട മുഖത്തിന്റെ ആ എതിർഭാവം എതിരേ എന്നുള്ള അവസ്ഥ അതാണ് പൂർവദിഷ്ട അഭിമുഖം തുമ്പ് കണ്ടെന്ത് കണ്ണാടിയിലെ മുഖത്തെ അതാണ് അഭിമുഖം അതും ആദർശ ഉദകദേശത ആദർശ ഉതക ദേശം എതിരെയുള്ള കണ്ണാടിയുടെ അല്ലെങ്കിൽ ജലത്തിന്റെ ദേശത്തെ കാണുന്നു എതിരെയുള്ള കണ്ണാടി അല്ലെങ്കിൽ വെള്ളത്തിന്റെ സ്ഥാനം അതെപ്പോ കണ്ടു മുൻപ് കണ്ടു പിന്നെ എന്താണ് ആഭിമുഖ്യം മുമ്പ് കണ്ടു മുഖത്തെ എതിരെ അയാള് ഇപ്പയാള് കാണുമ്പോ കണ്ണാടി നോക്കിട്ട് പറയണതാ എന്റെ മുഖം കണ്ണാടിയിരിക്കുന്നു എന്റെ മുഖം എനിക്കെതിരെയാണ് എന്നിപ്പോ പറയുന്നു അപ്പൊ എന്റെ മുഖം കണ്ണാടിയിരിക്കുന്നു എന്റെ മുഖം എനിക്കെതിരെയാണെന്ന് പറയാൻ എന്താ കാരണം മുമ്പ് ഇതുപോലെ കണ്ടിട്ടുണ്ട് അത് മുമ്പ് അഭിമുഖ അഭിമുഖമായിരിക്കുന്ന എതിരെയുള്ള കണ്ണാടിയിലോ വെള്ളത്തിലോ തൻ്റെ മുഖം കണ്ട് നമ്മൾ പറയുന്നത് പൂർവദിഷ്ട അഭിമുഖ ആദർശ ഉദകദേശത മുമ്പ് കണ്ട എതിരെയുള്ള കണ്ണാടിയുടെ അല്ലെങ്കിൽ മുഖത്തിന്റെ ദേശവും മുഖത്തെ കണ്ണാടി കാണുന്നാണ് ആദർശ ദേശത മുഖത്തെ ജലത്തിൽ കാണുന്നതാണ് ഉദക ദേശത പിന്നെ ആഭിമുഖ്യം അതിനെതിരായും കാണുന്നു ഇത് രണ്ടും മുഖം കണ്ണാടിയിലാണ് അല്ലെങ്കിൽ മുഖം എതിരെയാണെന്നുള്ളത് എവിടെ നിന്നു മുഖം കണ്ണാടിയിലാണ് മുഖം എതിരെയാണെന്നുള്ള അറിവായൊക്കെ എന്തുകൊണ്ടുണ്ടാകുന്നു പൂർവ അനുഭവം ഇപ്പൊ കാണുന്നുണ്ടല്ലോ മുമ്പ് കണ്ടതു അങ്ങനെ കണ്ടിട്ടുള്ള അത് അനാദിയായി കണ്ടോണ്ടിരിക്കും എന്ത് ചെയ്യുന്നു അപ്പോ എന്റെ മുഖം കഴുത്തിലിരിക്കുന്ന എന്റെ മുഖം കണ്ണാടിയിലാണ് കഴുത്തില്ലിരിക്കുന്ന മുഖം കണ്ണാടിയിലാണ് എനിക്ക് അഭിമുഖമല്ലാത്ത മുഖം ഇതാ അഭിമുഖമായിരിക്കുന്നു ഈ രണ്ട് കാര്യങ്ങളും മുഖത്തിൽ ആരോപിക്കുന്നു വാസ്തവത്തിൽ മുഖം എവിടെ ഇരിക്കുന്നു അത് കണ്ണാടിയിലിരിക്കുകയെന്ന് പറഞ്ഞാൽ അത് ആരോപിക്കുകയാണ് മുഖം അങ്ങനെ ഇരിക്കുന്നു എതിരെയാണ് ഇരിക്കുന്നത് എതിരല്ലാതിരിക്കുന്നു പക്ഷെ എതിരാണെന്ന് പറയുന്നത് എന്താണ് ആരോപമാണ് മുഖം കണ്ടിട്ടാൾ പറയുന്ന മുഖം എനിക്കെതിരെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ആരോപിക്കുകയാണ് അവിടെ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കണ്ണാടി എന്ന് പറയുന്ന സ്ഥാനത്തിരിക്കുന്നു പിന്നെ മുഖം എനിക്കെതിരെ ഇരിക്കുന്നു രണ്ട് കാര്യങ്ങളാണ് ആരോപിക്കുക അതാണ് പൂർവദിഷ്ട അഭിമുഖ ആദർശ ഉദകദേശതാം ആഭിമുഖ്യം ചുഖസ് ആരോപി തീതി പ്രതിബിംബ വിഭ്രമോവി പ്രതിബിംബവിഭ്രമവും ലക്ഷിതോബോധി ഈ ലക്ഷണത്തിന്റെ ലക്ഷ്യമായി പറയുന്ന ഈ ലക്ഷണത്തിലൂടെ പ്രതിബിംബവിഭ്രമം അതും വ്യാഖ്യാനിച്ചു നടത്തി മലയാളത്തിൽ അഭിമുഖിയാണ് അഭിമുഖം ചെയ്തിരും അഭിമുഖേ പോകാം അഭിമുഖം ചെയ്തിട്ട് അഭിമുഖേ പോകുന്നു എതിര് അത് സാറിന് നമ്മൾ പറയുന്നത് എനിക്ക് അഭിമുഖമായ വന്നു എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ് എതിര് എന്ന് പറയുന്നത് വേറെ അർത്ഥത്തിൽ മലയാളം പ്രയോഗിക്കും താല്പര്യം എനിക്ക് അതിനോട് വലിയ ആഭിമുഖ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ താല്പര്യം ഇവിടെ അർത്ഥമാണ് മുഖത്തിൽ രണ്ടു കാര്യങ്ങളാണ് ആരോപിക്കുന്നത് പ്രതിബിംബവിഭ്രമത്തിൽ കണ്ണാടിയിൽ മുഖത്തെ കാണുമ്പോൾ മുഖത്തിൽ രണ്ട് കാര്യങ്ങൾ ആരോപിക്കുന്നു എന്തൊക്കെയാണ് കണ്ണാടിയിലാണ് മുഖം എന്ന് പറയുന്നത് ദേശത്തെ ആരോപിക്കുന്നത് പിന്നെന്താണ് മുഖം എതിരെയാണെന്ന് പറയുന്നത് എന്താണ് െതിരെ ഈ രണ്ട് കാര്യങ്ങൾ ആരോപിച്ചിട്ട് ആണ് പറയുന്നത് ഇതാ എന്റെ മുഖം എന്ന് പറയുന്നത് കണ്ണാടിയിൽ എന്റെ ഇതാണ് പ്രതിബിംബവിഭ്രമത്തിന്റെ വ്യാഖ്യാനം കണ്ണാടിയിൽ എന്റെ മുഖം എന്ന് പറയുന്നതും മുഖം എനിക്ക് എതിരെയാണെന്ന് പറയുന്നത് രണ്ടും ഭ്രമമാണ് എന്തുകൊണ്ട് മുഖം എന്ന് പറയുന്നത് കണ്ണാടിയിലല്ല എവിടെയിരിക്കുന്നത് കഴുത്ത് മുഖം എന്ന് പറയുന്നത് എതിരെയല്ല പിന്നെയോ നേരെയ്ക്കുകയാണ് എതിരെയല്ല ഇത് പ്രതിബിംബവിഭ്രമത്തിന്റെ ഒരു വ്യാഖ്യാനം പിന്നെ ഇതിൽ കൂടുതലായി മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ഇന്നത് വ്യാഖ്യാനിക്കാൻ ഇങ്ങനെ പറ്റില്ല എന്തുകൊണ്ട് ഇവര് പറയുന്നത് ചക്ഷുരേന്ദ്രിയം കണ്ണിൽ നിന്നിറങ്ങി കണ്ണാടിയിൽ പോയി തട്ടിയിട്ട് സൂര്യപ്രകാശം തിരിച്ചുവിടുന്നോണ്ട് ആ ചക്ഷുരേന്ദ്രിയം തിരിച്ചു തന്നു മുഖത്തെ കാണുന്ന ഒന്നാണ് മനസിലായ ഇതൊക്കെ ഇന്ന് പറഞ്ഞ വെറും പൊട്ടത്തരാണ് അല്ല ചക്ഷുരിന്ദ്രിയ ഇറങ്ങിപ്പോയി അവിടെ ചെന്ന് സൂര്യപ്രകാശം തിരിച്ചുവിട്ടല്ല സംഭവിക്കുന്നത് എന്താണ് സൂര്യപ്രകാശം നമ്മുടെ മുഖത്തും വരുന്നുണ്ട് പതിക്കുന്നുണ്ട് കണ്ണാടിയിലും പതിക്കുന്നുണ്ട് രണ്ടിടത്തും പതിക്കുന്നുണ്ട് മുഖത്തിൽ പതിക്കുന്ന പ്രകാശം അടുത്തൊരു കണ്ണാടി പിടിച്ചു കഴിഞ്ഞാൽ ആ പ്രകാശം കുറച്ച് കണ്ണാടിയിലേക്ക് അങ്ങോട്ട് റിഫ്ലക്റ്റ് ചെയ്യും പിന്നെ കണ്ണാടിയിൽ പതിയുന്ന പ്രകാശം മുഖത്ത് റിഫ്ലക്റ്റ് ചെയ്യും അപ്പം റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ടാണ് എന്ത് ചെയ്യുന്നു പ്രകാശം റിഫ്ലക്ട് ചെയ്യുന്നോണ്ടാണ് ഇത് രണ്ട് സംഭവിക്കുന്നോണ്ടാണ് ഈ മുഖത്ത് പതിക്കുന്ന ഈ പ്രകാശം എന്ത് ചെയ്യുന്നു ചെയ്ത് കണ്ണാടിയിൽ പോകുന്നു കണ്ണാടിയിൽ പോകുന്നോണ്ട് വരുന്നു കണ്ണാടി വളരെ സ്വച്ഛമായതുകൊണ്ട് മുഖാന്ത പതിയുന്നു പിന്നെ റിഫ്ലക്ഷൻ അതീ പതിഞ്ഞ ആമുഖത്തിന്റെ പ്രകാശം നമ്മുടെ റെറ്റിനി പതിയുന്നോണ്ട് എന്ത് ചെയ്യുന്നു കണ്ണാടിയിൽ മോട്ടതാണ് ഇതാ സംഭവിക്കുന്നു ഇത് ചക്ഷുരേന്ദ്രിയത്തിന്റെ റിഫ്ലക്ഷൻ അല്ല ഇവിടെ സംഭവിക്കുന്നു പിന്നെന്താണ് പ്രകാശത്തിന്റെ റിഫ്ലക്ഷൻ ആണ് സംഭവിക്കുന്നത് പ്രകാശം എന്ത് ചെയ്യുന്നു ആ കണ്ണാടിയിൽ നിന്നുള്ള പ്രകാശം നമ്മുടെ കണ്ണിൽ പതിക്കുന്നു മുഖത്തിൽ നിന്നുള്ള പ്രകാശം ഇവിടെ പതിക്കുന്നു കണ്ണാടി പതിക്കുന്നു മുഖത്തിൽ നിന്ന് പ്രകാശം കണ്ണാടിയിൽ പതിച്ചാൽ അത് സ്വച്ഛമായതുകൊണ്ട് കാരണം എന്താണ് സൂര്യ രണ്ട് സൂര്യന്റെ പ്രകാശം രണ്ടിടത്തുമുണ്ട് അത് വളരെ റിഫ്ലക്റ്റ് ചെയ്യാൻ അതിനുള്ള ഒരു ഇതുള്ളത് ശുദ്ധമായിരിക്കുന്നുണ്ട് മുഖത്തിന്റെ പ്രതിബിംബം അവിടെ പതിയുന്നു അത് കണ്ണില് പതിയു അപ്പൊ ഈ പറഞ്ഞ കാര്യം എന്താണോ കണ്ണില് എന്ന് പറയുന്ന ചക്ഷുരന്തിയും പുറത്തിറങ്ങി കണ്ണാടി പോയി അവിടെ നിന്ന് പ്രകാശത്തിനെ തിരിച്ചു കൊണ്ടുപോകുന്നു അത് കണ്ണിനെ കാണുന്നു മുഖത്തെ കാണുന്നു എന്ന് പറയുന്നത് ശരിയല്ല അതല്ല ശരി ഇവിടെ സംഭവിക്കുന്നത് എന്താണ് റിഫ്ലക്ഷൻ പ്രകാശത്തിന്റെ റിഫ്ലക്ഷൻ കൊണ്ട് നമ്മൾ കണ്ണാടിയിൽ മുഖത്തൊക്കെ കാണുകയാണ് ചെയ്യും ഈ തത്വമൊക്കെയാണ് ഇന്ന് ക്യാമറയിൽ മറ്റും ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഇതിനെക്കുറിച്ച് അത് ഇന്ന് മനുഷ്യന് വളരെ വ്യക്തമായ ധാരണയുണ്ട് അതൊക്കെ അനുസരിച്ചിട്ടാണ് ക്യാമറയും മറ്റേ ഡിസൈൻ ചെയ്യും ലെൻസ് ഉപയോഗിച്ച പഴയ ക്യാമറ ആണെങ്കിലും ശരി ഇന്നത്തെ ഡിജിറ്റൽ ക്യാമറ ആണെങ്കിലും ശരി ഈ പറയുന്ന തത്വങ്ങളെയെല്ലാം വളരെ കൃത്യമായി ഭൗതിക നിയമങ്ങളെയൊക്കെ മനസ്സിലാക്കിയിട്ടാണ് അതൊക്കെ ഡിസൈൻ ചെയ്യും ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്നു അവിടെ ഈ ചക്ഷിരേന്ദ്ര അവിടെ പോകുന്നു തിരിച്ചു വരുന്നു അതൊന്നും കണക്കെടുത്തിട്ടില്ല റിഫ്ലക്ഷൻ റിഫ്ലാക്ഷൻ എന്ന് പറയുന്ന രണ്ട് നിയമങ്ങൾ ആണ് പരമാവധി ഇവിടെ സ്വീകരിക്കുന്നത് പിന്നെ അതിൻ്റെ കൃത്യമായത് ഇന്ന് ഒരുപാട് പഠനം ലൈറ്റ് അവിടെ പോയി കഴിഞ്ഞാൽ അതിന്റെ റിഫ്ലക്ഷൻ ഏതാങ്കിളിലാണ് വരുന്നത് പിന്നെ അവിടുത്തെ കർവ് എങ്ങനെയാണ് വരുന്നത് എല്ലാ കാര്യങ്ങളും വിശദമായിരുന്നു സ്കൂൾ തലത്തിൽ തന്നെ പഠിപ്പിക്കുന്നതാണ് അതുകൊണ്ടി പറയുന്നതൊന്നും ശരിയല്ല പിന്നെ ഈ ഭ്രമത്തിന്റെ കാര്യം ഒരാൾ കണ്ണാടിയടുത്ത് എതിരെ പിടിക്കുമ്പോൾ തന്റെ മുഖം കണ്ണാടി കാണുമ്പോ അയാൾക്ക് ബോധമുണ്ട് ഇത് കേവലം പ്രതിബിംബമാണ് ഇവിടെ സംഭവിക്കുന്നത് റിഫ്ലക്ഷൻ ആണ് മുഖം എനിക്കെതിരായിരിക്കുകയല്ല മറിച്ച് എന്റെ മുഖത്തിൻ്റെ പ്രതിബിംബമാണ് എതിരെ ഇരിക്കുന്നത് എന്റെ മുഖത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് കണ്ണാടിയല്ല അത് കഴുത്ത് തന്നെയാണ് പിന്നെ അവിടെ കാണുന്ന എന്താണ് ഇതെല്ലാം ഒരു റിഫ്ലക്ഷൻ ആണ് എന്നും മനസ്സിലാക്കുന്നവരാണ് ഇവിടെ ഭ്രമമില്ല അയാൾ മുഖം അഭിമുഖം ഇരിക്കുന്നു എന്നോ അല്ലെങ്കിൽ മുഖം കണ്ണാടിയിരിക്കുന്നു എന്നൊന്നും അയാൾ ഭ്രമിക്കുന്നില്ല അതായത് സയൻസ് അറിയാം അപ്പൊ പിന്നെ ഇത് ഈ ഭ്രമം എന്ന് പറയുന്ന എവിടെയാണ് ഭ്രഹ്മെന്ന് പറയുന്ന എത്രയേ ഉള്ളൂ ചിലപ്പോൾ ഒരു ചെറിയ കുട്ടിയെ ബോധമൊന്നും പറയത്ത ഒരു കുട്ടിയുടെ മുമ്പിൽ ഒരു കണ്ണാടി എടുത്ത് ഇങ്ങനെ വിളിച്ചു ചിലപ്പോൾ അത് വിചാരിക്കും അതിന് ഇതിനെ കുറിച്ചൊന്നും റിഫ്ലക്ഷനെ കുറിച്ചൊന്നും പറയും അത് ആദ്യമൊക്കെ നോക്കുമ്പോൾ പറയും അതിനകത്തൊരു വാവ ഇരിക്കുന്നെന്ന് പറയും കുറച്ച് കഴിവും പറയും ഞാൻ തന്നെ അതിനകത്തിരിക്കുന്ന ക്രമേണ അത് മനസ്സിലാക്കി പലതവണത് കാണുമ്പോൾ അതിന് മനസ്സിലാകുന്ന എന്താണോ അവിടെ ഇരിക്കുന്നത് താൻ തന്നെയാണ് ആ കുട്ടികളുടെ മനസ്സിലൊക്കെ ഭ്രമുണ്ടാവും താൻ അവിടെ ഇരിക്കുന്നു എന്നൊക്കെ ആണെങ്കിൽ ജനലില് പക്ഷികളൊന്നു കൊത്താറുണ്ട് പക്ഷി വിചാരിക്കുന്ന അവിടെ ഒരു പക്ഷി ഇരിക്കുന്നു എന്നോ അല്ലെങ്കിൽ തന്റെ ശത്രു ഇരിക്കുന്നു എന്നോ അല്ലെങ്കിൽ താൻ തന്നെ അവിടെ ഇരിക്കുന്നു എന്നോ ഒക്കെ ഭ്രമിച്ചിട്ടാണ് അത്തരം സ്ഥലങ്ങളിലെ ഭ്രഹ്മ സംഭവിക്കും അല്ല പ്രതിബിംബം ഒരിക്കലും ഇന്നത്തെ മനുഷ്യന് പ്രതിബിംബം കാരണം അവൻ മുഖം കണ്ണാടിയിലാണെന്ന് അവന് ധാരണയെന്ന മുഖം കഴുത്തി തന്നെയാണ് എതിരാണെന്നു അവനറി അത് എന്താണ് അത് കേവലം റിഫ്ലക്ഷനാണ് റിഫ്ലക്ഷൻ ആണെന്ന് അറിഞ്ഞഅ പിന്നെ ഭ്രമം ആരെങ്കിലും എന്താണ് മുഖം എതിരെ ഇരിക്കുന്നു അതാനിമുഖമായിരിക്കുന്നു എന്നൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ മാത്രമേ ഭ്രമവും അതുകൊണ്ട് ഇത്തരം സ്ഥലങ്ങളിലൊക്കെ എന്താണ് മനുഷ്യന്റെ അറിവനുസരിച്ചിട്ടാണ് ഇത് ഭ്രമമാണോ അല്ലേ എന്നൊക്കെ തീരുമാനിക്കുക പ്രതിബിംബമാണെന്നും കണ്ണാടിയിൽ കാണുന്നത് റിഫ്ലക്ഷൻ ആണെന്നൊക്കെ അറിഞ്ഞാൽ അവിടെ ഭ്രമം അപ്പൊ പ്രതിബിംബം ഭ്രമല്ല അതുപോലെ തന്നെ ഇതുണ്ടല്ലോ ലോഹിതസ്പടിക ലോഹിതസ്പടിക എന്ന് പറയുന്നടുത്ത് സ്ഫടികത്തിന്റെ അടുത്ത് ചോമ്പ് പോവെച്ച് ഈ ചുവപ്പ് പൂവ് കാണാതെ ഒരാള് സ്ഫടികത്തെ കണ്ടിട്ടോ ഇത് ചുവന്നോ എന്നാണോ ധരിക്കുകയാണെങ്കിൽ അവിടെയാണ് ബ്രഹ്മം കാരണം വെളുത്താണ് അവയണതാ ഈ സ്ഫടികം ചുവന്നാണെന്ന് പറഞ്ഞാൽ അത് ബ്രഹ്മ പക്ഷെ അടുത്ത് ചോന്നുന്ന വെച്ചിട്ട് അതിന്റെ പ്രതിബിംബം അതിൽ ഒരാൾ പുഷ്പത്തെ കാണുന്നു ഇതിന് ചുവന്ന നിറവും കാണുന്നു റിഫ്ലക്ഷൻ ഉണ്ടെന്നറിയുന്നു എങ്കി അവിടെ ഭ്രമം ഇല്ല അയാൾ പറയുന്നത് എന്താണ് ഈ കണ്ണാടി വെളുത്തു തന്നെയാണ് പുഷ്പത്തിന്റെ ചുവപ്പാണ് കണ്ണാടി കാണുന്നതെന്നറിഞ്ഞുകഴിഞ്ഞാൽ അവിടെ ഭ്രമമൊന്നുമില്ല അയാൾക്കറിയാം ആ പുഷ്പെടുത്ത് മാറ്റിയാൽ ഇത് വെളുത്തന്നെ ആയിരിക്കും പുഷ്പടുത്ത് വെച്ചുകൊണ്ടാണ് ഇത് ചോദിരിക്കുന്നത് ഇത്ര അറിയുന്നവൻ ഭ്രമം ഇല്ല ഭ്രമം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം അയാള് അറിയണം ഇതാ അയാൾക്ക് ബോധമുണ്ടാവണം ഈ സ്ഫടികം ചുവന്നതാണ് എന്ന് ബോധമുണ്ടായാലേ ബ്രഹ്മടികത്തിൽ പ്രതിബിംബമാണ് എന്നറിഞ്ഞാൽ അവിടെ ബോധ ഭ്രഹ്മുണ്ട് ബ്രഹ്മത്തിന്റെ ബാധയുമുണ്ട് സ്ഫടികം ചുവന്നതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പൂവെടുത്ത് മാറ്റും അയാൾ എന്ന് കാണുന്നു വെളുത്ത സ്പടികം ഇപ്പോൾ ബ്രഹ്മം ഉണ്ടായാൽ ബാധമുണ്ട് പക്ഷേ ചുവപ്പ് എടുത്തിരിക്കുന്ന കാണുകയും റിഫ്ലക്ഷനെ കുറിച്ച് അറിയുകയും ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവിടെ ഒരിക്കലും പറയില്ല പഠിക്കുകയും ചുവന്നതാണോ പിന്നെ എങ്ങനെ ഭ്രമം ഉണ്ടാവും അതുപോലെ തന്നെയാണ് കണ്ണാടിയുടെ കാര്യം മുമ്പേ ഒരു കണ്ണാടി എടുത്ത് പഠിക്കുമ്പോൾ ഇത് റിഫ്ലക്ഷൻ ആണ് റിഫ്ലക്ഷൻ്റെ സ്വഭാവമാണ് ഇങ്ങനെ കാണിക്കുന്നത് എന്നറിഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്റെ മുഖം കണ്ണാടിയിരിക്കുന്ന ഒന്നൊരിക്കലും ഭ്രമിക്കില്ല പ്രതിബിംബമാണെന്നേ അറിയൂ അതുപോലെ തന്നെ മുഖം എനിക്ക് അഭിമുഖമാണ് അങ്ങനെയല്ല അത് റിഫ്ലക്ഷൻ ആണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ അവിടെയൊന്നും ബ്രഹ്മമില്ല അല്ലാതെങ്ങനെ മനസ്സിലാക്കുന്നു അനുസരിച്ചിട്ടാണ് ബ്രഹ്മണോ അല്ലേ തീരുമാനിക്കുന്നത് പക്ഷെ രജു സർപ്പം അങ്ങനെയല്ല രജ്ജു കാണാതെ ഇരട്ടത്ത് സർപ്പം കണ്ടു കഴിഞ്ഞാൽ എന്താണ് ആരാണോ സർപ്പം കാണുന്ന അവർക്കല്ല എന്താണ് അവിടെ അതാണ് ശരിക്കും ഭ്രമത്തിന് ഉദാഹരണം അവിടെ എന്തായാലും ശരി ഒരാള് കയറിനെ കാണുന്നില്ല സർപ്പത്തെ കണ്ടു കഴിഞ്ഞാൽ അയാള് ഭ്രമിച്ചു അതില് ആര് കാണുന്നു അവർക്കൊക്കെ ഭ്രമം ഇവിടെ അങ്ങനെ ഇവിടെ എന്താണോ ആ പ്രതിബിംബത്തെ ഉണ്ടാക്കുന്നത് അതിന്റെ നിമിത്തങ്ങളെല്ലാം കുറിച്ച് അയാൾ ബോധവാനാണെങ്കിൽ അവിടെ അയാൾക്ക് ഭ്രമം സംഭവിക്കില്ല കാരണം ആ സത്യത്തെ അറിയാതെയുള്ള ഒരു വിപരീതം ഞാനും ഉണ്ടായാലേ ഭ്രമം ഉണ്ടാവും കണ്ണാടിയിൽ മുഖം കാണുമ്പോ അത് പ്രതിമ പോകണം എന്ന് പറഞ്ഞാൽ അയാൾക്ക് വിപരീതം ഞാനും ഉണ്ടാവും അയാളറിയോ അതായത് മുഖം ഇപ്പൊ കഴുത്തിലിരിക്കേണ്ട മുഖം കണ്ണാടി പോയിരുന്നു എന്നറിയോ ഇല്ല അങ്ങനെ ഭ്രമം ഇല്ല കണ്ണാടിയിലിരിക്കുന്നു എന്നറിഞ്ഞാല് ഭ്രഹ്മുണ്ടാവും അതേ ചിലപ്പോൾ കൊച്ചുകുട്ടികൾക്കൊക്കെ അങ്ങനെ ഉണ്ടാവും ഭ്രമം അല്ലാതെ പരിചയമുള്ളവർക്ക് ഉണ്ടാവുന്നില്ലെങ്കിൽ ആദ്യം കണ്ണാടി കാണുന്ന ആളായിരിക്കും ഒരുപക്ഷെ ഇതൊക്കെ ഉദാഹരണമായി പറഞ്ഞ പഴയ കാലത്ത് ഈ കണ്ണാടി ഇതൊക്കെ വളരെ അപൂർവമായതുകൊണ്ടായിരിക്കും സുലഭമായിരുന്നില്ല അല്ല ഈ പറയുന്നതിന് വലിയ കാര്യങ്ങൾ ചന്ദ്രം കത്തിമിരം കൊണ്ട് സംഭവിക്കുന്നതാണ് ചന്ദ്രൻ പക്ഷെ അയാൾക്കറിയാ എന്താണ് ചന്ദ്രൻ ഒന്നേ ഉള്ളൂ പക്ഷെ എൻ്റെ കണ്ണിന്റെ തകരാറുകൊണ്ടാണ് അത് കാണുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ഭ്രമം ഇല്ല അശ്വമി കണ്ണിന്റെ ചന്ദ്ര തകരാറാണെന്ന് അറിയാതെ അയാൾ നോക്കുമ്പോൾ രണ്ട് ചന്ദ്രനെ കണ്ടതോ രണ്ട് ചന്ദ്രനൊന്നും അയാൾക്ക് അനുഭവം ഉണ്ടാവുകയാണെങ്കിൽ അത് ഭ്രമമാണ് മറിച്ച് കണ്ണിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ ഭ്രമം ഇല്ല ദിഗ്മോഹം ദിഗ്മോഹം എന്ന് പറയുന്നത് ഭർമ്മമാണ് എന്തുകൊണ്ട് കിഴക്കെന്ന് അയാൾ കാണേണ്ട സ്ഥലം നോക്കും പടിഞ്ഞാറന്നു ആ ഭ്രമം തന്നെയാണ് അനാഥചക്രം ഒരു എന്താണ് അതിപ്പോ ദിഗ്മോഹത്തിൽ തന്നെ ഒരുവണ് അയാള് കിഴക്കനെ പടിഞ്ഞാറന്നുകൊണ്ട് വീണ്ടും അയാള് കിഴക്കന് പടിഞ്ഞാറന്ന് തോന്നുമ്പോൾ അയാൾക്കറിയാം ഇത് കിഴക്കാണെന്നറിയാമെങ്കിൽ അവിടെ ഭ്രമമില്ല പരിചയം കൊണ്ട് അയാൾ മനസ്സിലാക്കേണ്ടത് കിഴക്കാണ് അവിടെ ബ്രഹ്മ അനാഥചക്രം തീക്കൊള്ളിയെടുത്ത് ചുഴറ്റുന്നു അപ്പം പോലെ കാണുന്നു അപ്പൊ തീക്കൊള്ളി ചുഴറ്റിയാൽ നൃത്തം പോലെ കാണുന്നതാണ് എന്ന് ബോധമുള്ള ഒരാളെ അവിടെ ഭ്രഹ്മു ഗന്ധർവ്വ നഗരം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് അത് അറിയാത്തവനൊന്നും വലിയ ഭ്രമമാണ് ഉണ്ടാക്കുന്നു വംശോരകം ഇത് പരീക്ഷിച്ച് നോക്കേണ്ട കാര്യമാണ് തവളയുടെ കൊഴുപ്പ് നെയ്യ് എടുത്ത് കണ്ണി പുരട്ടിയിട്ട് വംശം എന്ന് വെച്ചാൽ ഈറ അതിനു നോക്കിക്കഴിഞ്ഞാൽ സർപ്പണു അതിന് സാധ്യതയുണ്ട് കാരണം കണ്ണില് ഓയിലും മറ്റു മീണ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മുടെ കാഴ്ച വികൃതമാവും അങ്ങനെ സംഭവിക്കാറുണ്ട് കണ്ണില് എണ്ണയും മറ്റു മീണ് കഴിഞ്ഞാൽ കാഴ്ച എന്ന് പറയുന്നത് വികൃതമായി അപ്പോൾ കണ്ണില് ഇവിടെ പറയുന്നത് ഒരു കാര്യം പറയാണ് തവളയുടെ കൊഴുപ്പെടുത്ത് കണ്ണിൽ തേച്ചിട്ട് ഈറ ഇങ്ങനെ നേരെയല്ലേ ഇരിക്കുന്നു പ്രത്യേകിച്ച് മഞ്ഞ ഈറയൊക്കെ ഇങ്ങനെ നേരേ ഇരിക്കുന്നു അങ്ങോട്ട് നോക്കുമ്പോൾ അത് വളഞ്ഞു വളഞ്ഞു കാണും എന്നു വെച്ചാൽ അത് ചെറുപ്പം പോലെ കാണാൻ കാണാൻ സാധ്യതയുണ്ട് ഇപ്പോൾ പാമ്പഴയും പോലെയൊക്കെ തോന്നിന്നിരിക്കും അത് അത് സാധ്യതയുള്ള ഒരു കാര്യമാണ് കാണുമെന്ന് നമ്മുടെ വിഷനെ അത് മാറ്റിക്കളായിരുന്നു ഇരിക്കുന്നു അത് ഇടയ്ക്കൊരു കൊഴുപ്പിന്റെ തടസ്സം അതിനാണ് വംശ ഉരകം എന്ന് പറയുന്നത് വംശം എന്ന് വെച്ചാൽ അതിന് ഉരകത്ത് കാണുന്നത് പക്ഷെ അത് ഇതുപോലൊരു കൊഴുപ്പുകൊണ്ടാണ് ഇത്യാദി വിഭ്രമേഷ പരത്ര പൂർവദിഷ്ട ലക്ഷണത്തെ യഥാസംഭവം എങ്ങനെ യോജിക്കുമോ അങ്ങനെ എല്ലായിടത്തും യോജിപ്പിക്കണമെന്നർത്ഥം പക്ഷെ എല്ലായിടത്തും ഇത് ഒരുപോലെയല്ല എവിടെയാണോ യോജിപ്പിക്കേണ്ടത് അങ്ങനെ യോജിപ്പിക്കണം ഇത് ഇതിനെ പറഞ്ഞു ഇനി അടുത്ത് പറയാൻ പോകുന്നത് മുമ്പ് ഒരു കാര്യത്തിന്റെ ഭാമത്തിന് നേരത്തെ വന്നു സാധേത് അദ്ധ പൂർവപ്രതീതി മാത്രം ഉപയോഗിച്ചതേ ആരോപി അത് പ്രതീയമാനസ് പരമാർത്ഥി പ്രതീതിരേവതു അത്യന്തസോ ഗമന കമലിനീ കൽപേന്ദ്രിയതേ ഇവിടെ ചോദിക്കുന്നു അത്യന്തസോ ഗമന കമലിനീ കൽപ ആകാശ കുസവും പോലെ അത്യന്തം അസത്തായിരിക്കുന്ന ദേഹേന്ദ്രിയാദികളുടെ അനുഭവം ഇങ്ങനെ ഉണ്ടാകുമെന്നാണ് കാരണം അത് ഈ പറയുന്നത് എന്താണ് ബ്രഹ്മ ഒഴികെ ബാക്കിയുള്ളതെല്ലാം മിഥ്യയാണ് അപ്പം ദേഹം ഇന്ദ്രിയൊക്കെ എന്താണ് മിഥ്യയാണ് മിഥ്യയുടെ അനുഭവം എങ്ങനെ ഉണ്ടാകും എന്തുകൊണ്ടുണ്ടാവില്ല കാരണം മിഥ്യ എന്ന് വെച്ചാൽ ആകാശ കുസുമും പൂർവക്ഷി പറയാണ് മിഥ്യ എന്ന് പറയുന്നത് ആകാശ കുസുമാണ് അതിൻ്റെ പ്രതീതി എങ്ങനെ ഉണ്ടാകും എന്നാണ് ഇവിടെ അതിന് സമാനം പറയുന്നു ഏത ദുഃഖം ബോതികാശമാനതാ മാത്രം സത്വമേനേന്ദ്രിയാ സദ്ഭാവോ അപ്പോ എന്തിനാണ് സത്യം എന്ന് പറയുന്നത് അനുഭവപ്പെടുന്നു അതുകൊണ്ട് സത്യമെന്നാണോ പറയുന്നത് നമ്മൾ സാറിന് അങ്ങനെയാ പറയും അതെന്റെ അനുഭവമാണ് അതുകൊണ്ട് സത്യമാണ് പറയുന്നു അനുഭവപ്പെടുന്നു അതുകൊണ്ട് എന്തിനാ സത്യം പറയാൻ പറ്റില്ല എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് അനുഭവപ്പെടുന്ന ആരും രജ്ജസ്വർപ്പം അനുഭവപ്പെടുന്നുണ്ട് അതുകൊണ്ട് അത് സത്യമാണെന്ന് പറയാൻ പറ്റും അതാണ് ഇവിടെ പറയുന്നത് ഏത് ഉത്തം പറഞ്ഞു ഈ പറഞ്ഞതിന്റെ താല്പര്യം ഇതാണ് ഏതത് ഉത്തം ബോധി ഉത്തം ഏതദ് ബോധി പറഞ്ഞതിന്റെ താല്പര്യം ഇതാണ് എന്നാൽ പ്രകാശമാനത മാത്രം സത്വം പ്രകാശമാനത അനുഭവപ്പെടുക എന്നുള്ളത് കൊണ്ട് മാത്രം ഒന്നും സത്യമാകത്തില്ല അനുഭവപ്പെടുന്നു അതുകൊണ്ട് സത്യം അങ്ങനെ പറയാൻ പാടില്ല ഏനാ അങ്ങനെ സ്വീകരിച്ചാൽ എന്താണ് അനുഭവപ്പെടുന്നു അതുകൊണ്ട് സത്യം ഒന്ന് സ്വീകരിച്ചാൽ ദേഹേന്ദ്രിയ സദ്ഭാവോ ഭവയത് സദ്ഭാവം എന്ന് വെച്ചാൽ അനുഭവപ്പെടുന്നു അതുകൊണ്ടൊന്ന് സത്യമാണ് എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ദേഹേന്ദ്രിയാദികളെല്ലാം എന്താണ് അനുഭവപ്പെടും അതുകൊണ്ട് അതിന് സത്യമെന്നും പറയേണ്ടി വരും അപ്പൊ അനുഭവപ്പെടുന്നു അതുകൊണ്ട് സത്യം എന്ന് പറയുന്ന പൂർവക്ഷം അതിന് മറുപടിയാണ് പറയുന്നത് അങ്ങനെങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ദേഹേന്ദ്രിയാദികളെല്ലാം അനുഭവപ്പെടുന്നു അതുകൊണ്ട് അതിന് സത്യമെന്നും സദ്ഭാവം എന്ന് വെച്ച സതകഭാവം സത്വം അപ്പൊ അത് സത്യമാണോ അദ്വൈത സിദ്ധാന്തം അനുസരിച്ച് ഒക്കെ സത്യമാണോ അല്ല ഇതാണ് ഏതാ പ്രകാശമാനതാ മാത്ര സത്വം പ്രകാശമാനതയാ സദ്ഭാവ സർപ്പാദിഭാവേന രജ്വാദയോ വ ാദിയോഗ രക്താതിഭാസന്തി സിദ്ധാന്തി പൂർവക്ഷിയോട് ചോദിക്കുകയാണ് എന്താ രജ്ജുവിനെ നിങ്ങൾ സർപ്പമായി കാണാറില്ലേ ഉണ്ടാ അപ്പൊ അസത്യം എന്ന് പറയും പറയൂ അതാണ് പൂർവക്ഷിയോട് സിദ്ധാന്തി ചോദിക്കുന്നത് അനുഭവപ്പെടുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കുകയാണ് രജ്ജുവിനെ നിങ്ങൾ സർപ്പമായി അനുഭവപ്പെടാറില്ലേ അസത്യമാണോ പിന്നെ ജബാ കുസുമത്തിന്റെ കുസുമ്പോപ്പ്ടികത്തിൽ കാണാറില്ലേ സ്പടികം ചോപ്പാവും എന്ന് പറയുന്നത് രക്തവർണമുള്ളതാവുമോ ആവോ എന്താ അതാണ് ചോദിക്കുന്നത് വ രണ്ടുപക്ഷത്ത് കാണിക്കാൻ വേണ്ടി രക്താതി ഗുണയോഗിന ൂടി രക്താദി ഗുണത്തിന്റെ സംബന്ധത്തോടുകൂടി ന പ്രതിഭാസന്ധി എന്നൊക്കെ അനുഭവപ്പെടുന്നില്ലേ രക്തനിറത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നില്ലേ എന്നാ ചോദിക്കുന്നതാണ് രക്താദി ഗുണയോഗിനോ സന്ധേകം രക്തനിറത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നില്ലേ സർപ്പരൂപത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നില്ലേ അനുഭവിക്കുന്ന സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഫടികത്തെ എന്തുപറയേണ്ട ഒരു രക്തമൊന്നും രജുവനക്ക് എന്തുപറയേണ്ട ഒരു സർപ്പം ഒന്ന് അങ്ങേരിക്കും പ്രതിഭാസമാന വവന്തി തദ്ത്മാന തദ്ധർമാണോ വ എന്ത് ചെയ്യുന്നു അനുഭവപ്പെടുന്നുണ്ട് സിദ്ധാന്തി പറയാണ് രജ്ജു സർപ്പമായി അനുഭവപ്പെടുന്നു എങ്ങനെ സർപ്പരൂപത്തിൽ തദാത്മാനഹ രജ്ജു എന്ന് പറയുന്നത് തദാത്മാനഹ സർപ്പരൂപത്തിൽ അനുഭവപ്പെടുന്നുണ്ട് പിന്നെ തദ്ധർമാണോ വടികം ചുവന്ന ധർമ്മത്തിൽ അനുഭവപ്പെടുന്നുണ്ട് ചോദ നിറത്തിൽ അനുഭവപ്പെടുന്നതാണ് തദ്ധർമ്മം തദ്ധർമ്മെന്ന് പറയുന്നത് വേണ്ടി തദാത്മാന എന്ന് പറയുന്നത് രജുവിലെ സർപ്പത്തിന് വേണ്ടി അത് അനുഭവപ്പെടുന്നുണ്ടല്ലോ എന്ന് പറയാൻ പറ്റും അതാണ് പ്രതിഭാസമാനാഹ തദാത്മാനഹ ഭവന്തി അനുഭവപ്പെടുന്നുള്ളവയെ എങ്ങനെ അറിയുന്നു രജ്ജു സർപ്പമായിട്ട് തന്നെ അതുകൊണ്ട് എന്താ സർപ്പസത്യം പിന്നെ തദ്ധർമാണോ വടികം ചുവന്ന ധർമ്മത്തോടു കൂടി ചവന്ന നിറത്തോടുകൂടി നിങ്ങൾ എന്താ സ്പടികം ചുവപ്പാണെന്ന് പറയും പറയത്തില്ല അതുകൊണ്ട് പറയുന്നതിന് ചുരുവം എന്താണ് ഒരു വസ്തു അനുഭവപ്പെടുന്നു അതുകൊണ്ടതിന് സത്യം എന്ന് പറയാൻ പാടില്ല എന്തുകൊണ്ട് രജുവിനെ സർപ്പമായി അനുഭവിക്കുന്ന അതുകൊണ്ട് സർപ്പ സത്യം അല്ല സ്പടികത്തിലെ ചെമ്പരത്തിപ്പൂവിൻ്റെ അടുത്തിരിക്കുമ്പോൾ അതിന് ചുവപ്പായി അനുഭവപ്പെടുന്നുണ്ട് അതുകൊണ്ടത് ചുവന്ന സ്പടികം അതുകൊണ്ട് അനുഭവപ്പെടുന്നത് ഒന്ന് സത്യമാണ് എന്ന് പറയുന്നത് ശരിയല്ല ആണ് പറയുന്നത്